ആത്മാവിനുവേണ്ടി യാഗം ചെയ്തു ദേവതകൾക്ക് വേണ്ടി യാഗം ചെയ്യുന്നവനല്ല ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു ആത്മയാജി വേദ അവനറിയുന്നേ അംഗം അനേന സംസ്കൃതിയെ എന്റെ ഈ അംഗം എന്ന് വെച്ചാ അന്ധകർമ്മ എന്റെ അന്ധക്കർമ്മം അനേന എന്ന് വെച്ചാൽ ഈ കർമ്മം കൊണ്ട് ഇതമ്മേ അനേനംഗം ഉപധീയതീയെന്റെ അന്ധക്കർണം അനേന എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് അനേന ഈ കർമ്മത്തെക്കൊണ്ട് ഉപധീയതയെ അഭിവൃദ്ധിപ്പെടുന്നു അപ്പോൾ ദേവതന്നെ ആലോചിക്കുന്നവനല്ല ആത്മയാജി ദേവയാജി ആത്മാവിന് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ അവനറിയുന്നു ഈ കർമ്മങ്ങൾ എന്റെ അന്ധക്കണ്ണത്തെ ശുദ്ധമാക്കുന്നു എന്റെ അന്ധക്കണ്ണത്തെ മോക്ഷത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് ശുദ്ധമാക്കുന്നു എന്നെ അറിയുന്നു അനേന ഇനിയും പ്രകൃത യജ്ഞാതി പരാമർശിച്ചത് ഇവിടെ ഈ ശ്രുതിയില് അംഗം എന്ന് പറഞ്ഞാൽ അനേന യജ്ഞാദി കർമ്മങ്ങൾ യജ്ഞോ ദാന തപസ് ചെയ്യുക പാവനാനി മനീഷോ ജീവന്മാരെ അശുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ആ പ്രകൃതമായെന്ന് വെച്ചാൽ ഈ പ്രകടനത്തിൽ പറയുന്ന യജ്ഞാദികളെയാണ് കൊണ്ടെടുക്കേണ്ടത് അപ്പം ഇതിൽ നിന്നും എന്താണ് യജ്ഞങ്ങൾ അന്ധക്കരണ ശുദ്ധിക്കു വേണ്ടിയുള്ളതാണ് അല്ലാതെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള വിവിധ ഉത്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ജ്ഞാനത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് കൂടെ പറയുന്നത് അത് ആരാധ ഉപകാരമാണെന്ന് അർത്ഥം പരമ്പരയാതകാരമാണ് സ്മൃതി കൈകാര്യത്തിൽ സ്മൃതിയും പറയുന്നുണ്ട് ഗൗതമ സ്മൃതി സംസ്കാരം അഷ്ട ഷോശ സംസ്കാരങ്ങൾ എന്ന് പറയും പക്ഷെ ഗൗതമസ്മൃതിയില് അഷ്ടാചത്വരംശ സംസ്കാരങ്ങളെ കുറിച്ച് പറയുന്നു അതായത് ഒരു ശിശുവിന്റെ ഗർഭാധാനം എന്ന് പറയുന്ന ചടങ്ങും തുടങ്ങി അയാൾ മരിക്കുമ്പം ചെയ്യുന്ന അന്ത്യേഷ്ടിത് ബ്രാഹ്മണരെ സംബന്ധിച്ച് പറയുന്ന അവര് ഉപയോഗിച്ചിരിക്കുന്ന നിത്യ അഗ്നിഹോത്രത്തിന് ഉപയോഗിച്ചിരുന്ന സുഖസ്രുവങ്ങളെല്ലാം ഉപയോഗിച്ച് ആ അഗ്നിയിൽ നിന്ന് അഗ്നി കൊണ്ട് അയാളുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നത് വരെയുള്ള കർമ്മങ്ങൾ പല കർമ്മങ്ങളുണ്ട് വിവാഹം പോലെയുള്ള പകുവനയനം വിവാഹം പോലെയുള്ള കർമ്മങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ അഷ്ടാചത്വാരംശം പല സ്മൃതികളിലും പല ഇപ്പോ വൈദികന്മാരുടെ മറ്റുള്ളവർക്കുമുണ്ട് ദ്രവീണകർക്കെല്ലാം ഉണ്ട് ഉപനയനം എല്ലാവർക്കും ഉണ്ട് എന്നാലും മുഖ്യമായി വരുന്ന ബ്രാഹ്മണനാണ് ഈ പറയുന്ന കർമ്മങ്ങൾ ശൂദരന്മാർക്ക് ഈ പറയുന്ന കർമ്മങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ഇതൊന്നും ചെയ്യാനും പാടില്ല സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് അന്ധകർണശുദ്ധിക്ക് വേണ്ടിട്ടൊന്നും ഇത് മനസ്സിനെ ശുദ്ധമാക്കുന്നു എന്നാണ് ഇത് ചെയ്തിരുന്ന കാലഘട്ടത്തിലെ വിശ്വാസം ഇന്ന് ഇതൊന്നും അങ്ങനെ കൃത്യമായി ഒന്നും ചെയ്യാറില്ല അപൂർവമൊക്കെ ചെയ്യാറില്ല ഇതും അങ്ങനെയാണോ ശ്രദ്ധിക്കു വേണ്ടി നിത്യുഷ്ഞാനോത്പത്തി മുണ്ടോപനിഷ്ണി ശുദ്ധീന്ദ്രു തം പശ്യതി നിഷ്കളം നിത്യനൈമിത്തിക അനുഷ്ഠാനം നിത്യനൈമിത്തികർമ്മങ്ങള് അനുഷ്ഠിച്ച് കാമ്യകർമ്മങ്ങളെങ്ങട്ട് കാരണം കാമ്യകർമ്മങ്ങൾ ഓരോ സ്വർഗ്ഗം പോലെയുള്ള കാമനകൾക്ക് വേണ്ടി ചെയ്യുന്ന അതുകൊണ്ട് അതിനെ ഒഴിവാക്കി നിത്യനൈമിത്യകർമ്മങ്ങൾ നൈമിത്യകർമ്മം എന്ന് വെച്ചാൽ നിമിത്തം പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്നു പുത്ര ജന്മനിമിത്തായിട്ട് അങ്ങനെയുള്ള ആൾക്ക് നൈമിത്യകർമ്മം നിത്യകർമ്മം എന്നും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അവിടെ ഇത്തരം കർമ്മങ്ങളെല്ലാം അനുഷ്ഠാന ഇവയുടെ അനുഷ്ഠാനം കൊണ്ട് പ്രക്ഷീണ കർമ്മസസ്യ പാപങ്ങൾ നശിച്ചവർ അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് സങ്കല്പത്തോടു കൂടിയാണ് പാപങ്ങളെല്ലാം ഇരിക്കുന്നത് അന്ധകരണത്തിലാണ് അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പുണ്യമുണ്ടാവും പുണ്യം വരുമ്പോൾ പാവത്തെ നശിപ്പിക്കും എന്നുള്ള വിശ്വാസമാണ് പ്രക്ഷീണകർമ വിശുദ്ധ സത്വം അങ്ങനെ സത്വം എന്ന് വെച്ചാൽ അന്ധകർണം വിശുദ്ധമാകുന്നു അവിദുഷ അജ്ഞാനിയ ജ്ഞാനത്തെ നേടാൻ ആഗ്രഹിക്കുന്നവനാണ് അജ്ഞാനിയാണ് ഉത്പന്ന വിവിധങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ അന്ധക്കറിനെ ശുദ്ധമാവുന്നു ശുദ്ധമാവുന്നതിന് വിവദിക്ഷും ആത്മാവിന് അറിയുന്ന ആഗ്രഹം അല്ലെങ്കിൽ ആത്മാവിന്റെ യഥാർത്ഥ ആഗ്രഹം ഉണ്ടാവുന്നു അതെന്തുകൊണ്ടാണ് ആത്മാവിന്റെ യഥാർത്ഥ ആഗ്രഹം ഉണ്ടാവുന്നത് കർമ്മം ചെയ്യുമ്പോൾ എന്താണ് കർമ്മം ചെയ്ത് അന്ധകരണത്തിന് ശുദ്ധിയുണ്ടാകുമ്പോ ആത്മാവിനെ എന്തുകൊണ്ടറിയാൻ ആഗ്രഹിക്കുന്നു ഇനിപ്പോ ആരെങ്കിലും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു അവര് ശബ്ദന്മാരാണെങ്കി അവരൊക്കെ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കും പിന്നെന്താ ഇവിടെ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നു അല്ല ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട് ശ്രുതിയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നു ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നു പിന്നെ എന്തൊക്കെ ശുദ്ധിയുണ്ടെങ്കിൽ ആത്മാവിനെ അറിയാമെന്ന് പറയുന്നു യഥാർത്ഥ ആത്മജ്ഞാനം എന്തെന്ന് പറയുന്നു ഈ ശ്രുതി അധ്യയനം ചെയ്യുന്നവനാണ് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്തൊക്കെ ശുദ്ധമാവുമ്പോൾ ശ്രുതിയിൽ നിന്ന് അവൻ കേട്ടിട്ടുള്ളതുണ്ട് അതാണ് സ്വാധ്യായം എന്ന് പറഞ്ഞത് നിരന്തരം വേദാധ്യനം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് അപ്പൊ ആത്മാവിനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും കാരണം അവന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും മുഖ്യമായിട്ട് ശ്രുതിയാണ് ശ്രുതി പറയുന്ന കാര്യങ്ങളാണ് അവനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥ സത്യം അനപ്രാമൊരു സത്യമില്ല ഇപ്പൊ ശ്രുതിയിൽ ആത്മാവിനെ കുറിച്ചും ആത്മജ്ഞാനത്തെ കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അത് അധ്യയനം ചെയ്യുന്നവന് അതിന് വിശ്വാസമുള്ളത് കൊണ്ടാണ് അവന് വിവിധ എന്നാശ്വതി പറയുന്ന ആ ആത്മാവനെ അറിയണമെന്ന് ആഗ്രഹിക്കും സയൻസ് പഠിക്കുന്നവന് അതിന്റെ വിഷയങ്ങൾ അറിയാൻ കണക്ക് പഠിക്കുന്നവന് ചരിത്രം പഠിക്കുന്നവനൊക്കെ അതാത് പഠിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളതുപോലെ തന്നെയാണ് വേദം പഠിക്കുന്നവൻ ആത്മാവിനെ കുറിച്ച് സ്വാധ്യായത്തിലൂടെ അവൻ എന്നും അറിയുന്നതുകൊണ്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവന് ഉത്പന്ന വിവിധസ്യ അവന് വിവിദ ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനോത്പത്തിയും ദർശകരി അവന് ജ്ഞാന ഉത്പന്നമാകും എന്നുവെച്ചാൽ അവൻ്റെ ചെയ്യുമ്പോൾ ശ്രവണാദികൾ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി സന്യാസവും വരും ഇവിടെ ആദർപണ ശ്രുതി അതാണ് ആദർപണീ ശ്രുതി ശ്രുതിയിൽ ഇത് പറഞ്ഞിരിക്കുന്നൊണ്ടാണ് ഈ ജിജ്ഞാസ എല്ലാം ഉണ്ടാവുക അതിനെ കുറിച്ച് ശ്രുതിയിൽ നിന്ന് മാത്രമേ ഇതിനെ കുറിച്ച് വിശേഷമായി അറിയുന്നതിനുള്ള ജിജ്ഞാസ അതുകൊണ്ടാണ് വൈദികന്മാർ പറയുന്നത് എന്താണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒരാൾക്ക് യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതല്ല ഏതാ അധ്യയനം ചെയ്യുന്നവനാണ് അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് കാരണം ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സാധനങ്ങള് ഇത്തരം കാര്യങ്ങൾ അവന് എവിടെ നിന്നെങ്കിലും അറിയണം ഇപ്പൊ പഴയ കാലത്ത് ഇതറിയുന്നതിനുള്ള ഒരേ ഒരു വഴി എന്താണ് ശ്രുതിയാണ് ശ്രുതിയാണത് പഠിപ്പെടുത്തുന്നു പിന്നെ ആ ശ്രുതിയുടെ കാലമൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ആത്മജ്ഞാനത്തിന് മറ്റു വഴികളൊക്കെ വന്നത് അങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്ത് പോകുന്നു ഗുരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നു അങ്ങനെ ആത്മാവിനെ അറിയുന്നു അപ്പതിനെ അറിയാനുള്ള ജിജ്ഞാസുണ്ടാവുന്നു സാധനകൾ അനുഷ്ഠിക്കുന്നു പഴയകാലത്ത് പ്രധാനമായിട്ടും വേദമാണ് വേദത്തെ പറഞ്ഞുകൊടുക്കുന്നവനാണ് ഗുരു പിന്നെ വേദത്തിന്റെ അർത്ഥത്തെ വിശദീകരിച്ചു കൊടുക്കുന്നവനാണ് ഗുരു അതാണ് പഴയകാലത്ത് ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് പറയും വേദാധ്യയനം ചെയ്യുന്നവനും ്രഹ്മത്തെ കുറിച്ച് ശരിയായി അറിയുന്നവനുമാണ് പഴയകാലത്തെ ഗുരു അതിന് വേദാധ്യയനം ചെയ്യണമെന്നുള്ളത് ഇന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ന് വേദാധ്യയനം ചെയ്യാനേ ബ്രഹ്മത്തെ അറിയാൻ വേദാധ്യയനത്തിന്റെ ആവശ്യമില്ല അപ്പോ പഴയ രീതി വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അന്ന് വേദാധ്യയനത്തിലൂടെ മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ പറ്റൂ എന്ന് കൊണ്ട് എന്തുകൊണ്ടാണ് അതായത് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന വേദത്തില് മാത്രമാണ് വേദ അധ്യയനം ചെയ്യുന്ന ഒരുവനാണ് ബ്രഹ്മത്തെ കേൾക്കുന്നത് വേറെയോടത്തും ബ്രഹ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല വേദത്തിലാണ് ചർച്ച വേദത്തിൽ ചർച്ച ചെയ്യുന്നോണ്ട് വേദാധ്യനം ചെയ്യുന്നവര് സ്വാധ്യാനം സ്വാധ്യായം ചെയ്യുന്നവർക്ക് ബ്രഹ്മത്തെ അറിയാൻ താല്പര്യം വരും അതിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ പറയും അപ്പൊ വേദാധ്യയനത്തിൽ നല്ല നിയമങ്ങളുണ്ട് ത്രൈവർണികൾക്ക് അധ്യയനം ചെയ്യാൻ പാടണം എന്നൊക്കെ വരും അപ്പൊ ത്രൈവർണ്ണികർക്ക് മാത്രമേ ഇത് അറിയുന്നതിനുള്ള ജിജ്ഞാസ്യമുണ്ടാകത്തുള്ളു വേറെടുത്തും ഇത് പറയുന്നില്ലല്ലോ ക്രമീണ വേദം ഴിഞ്ഞ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരേതൂക്കുന്നപ്പോ ആൾക്കാർ അതിൽ നിന്നും ആത്മാവിനെ അറിയാവുന്നതാണ് അപ്പോ അതിനെ ആത്മാവിനെ അതിലൂടെ ഒക്കെ അറിയുന്നവരും അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ പുരാണപഠിതാക്കളിലും ഉണ്ടായി അപ്പൊ ആൾക്കാർ അങ്ങനെയുള്ളവരുടെ അടുത്തും പോയി ആത്മാവിനെ അറിയാൻ അങ്ങനെയുള്ളവരുടെ അടുത്തും ചെന്നതാണ് ദൃതരാഷ്ട്രവിദിരരുടെ അടുത്തൊക്കെ പോദാധ്യയനം ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി ആത്മാവിനെ കുറിച്ചറിയാം ശ്രമം തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ അതും വേണ്ടാതെ പുരാണങ്ങൾ ഒന്നും നേരിട്ട് പഠിക്കാത്തവർക്കും ഈ ആത്മതത്വങ്ങൾ അറിയാനവസരങ്ങളും നേരിട്ട് പഠിക്കാതെ തന്നെ എൻ്റെ കഥകളും മറ്റും കേട്ടിട്ട് അപ്പോൾ സാധാരണ മനുഷ്യരും ആത്മാവിനെ കുറിച്ച് അറിയാൻ തുടങ്ങി അപ്പൊ ആത്മാവനെ അറിയുന്നവരും ഉപദേശിക്കുന്നവരും അറിയാൻ ആഗ്രഹിക്കുന്നവരുമായി മാറി അപ്പൊ വേദത്തിനവിടെ പ്രത്യേകിച്ച് സ്ഥാനമില്ലാതും എന്നാലും ആത്മാവിനെ വിശദീകരിക്കുമ്പോൾ അവിടെ വേദവാക്യങ്ങളെ കൊണ്ടുവരും തത്വ സിഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വേദവാക്യങ്ങളെ അവർ പറയാൻ തുടങ്ങി അത്രേയുള്ളൂ മറ്റു വേദാധ്യാനം പിന്നെ ആവശ്യമില്ലാതെ അതാണ് ബ്രഹ്മജ്ഞാനം ഇതൊക്കെ ജനകീയമാവുന്നു അപ്പൊ വേദത്തെ പിന്നെ അവിടെ പ്രമാണമായി സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല അതെന്താണെന്ന് ചോദിക്കും എന്താ പ്രമാണം എന്താണ് പ്രമാണം അതിനെ കുറിച്ചൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല എന്നാ കാലം മാറി ബ്രഹ്മവിദ്യയുടെ രീതികൾ സമ്പ്രദായങ്ങളെല്ലാം മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രഹ്മവിദ്യ അറിയുന്നതിനും ഉപദേശിക്കുന്നതിനൊന്നും വേദത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ആരാണതിനെതെങ്കിലും ഉപായത്തിലൂടെ അറിയുന്നത് അവർക്ക് അവരറിഞ്ഞ രീതിയിൽ വേറെ ആൾക്കാർ പറഞ്ഞുകൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് സമ്പ്രദായങ്ങളുണ്ടാവുന്നതും പല പല ഗുരുക്കന്മാരുണ്ടാവും പണ്ടങ്ങനെയല്ല ഗുരുന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ ആരാണ് ശ്രോത്രിയം ബ്രഹ്മനഷ്ട ശ്രോത്രിയൻ ഛന്തോ അതീതയെ വേദാ അധ്യയനം ചെയ്യുന്നവനെ ശ്രോത്രിയനാകാൻ വേറെ സുഹൃത്തിനാകാൻ പറ്റില്ല അവനെ ഗുരുവാകാൻ പറ്റും മാറി എന്താ പറയുന്നത് വിശുദ്ധ സത്വ അങ്ങനെ നിത്യ നൈമിത്യകർമ്മങ്ങൾ ചെയ്ത് അമ്പക്കരണം ശുദ്ധമായവൻ തതസ്തു അനന്തരം അന്തക്കരണ ശുദ്ധിക്ക് ശേഷം തമ്പശ്യ അതിനുശേഷം വിശുദ്ധസത്വ അധ്യായമാനഹ ആത്മാവിനെ പിന്നീട് ശ്രോണമരണങ്ങളിൽ ഏർപ്പെടുന്നവൻ തം നിഷ്കളം പശ്യമായിരിക്കുന്ന ആത്മതത്വത്തെ അറിയുന്നു സ്മൃതി പറയുന്നുണ്ട് ജ്ഞാനഉത്പദ്ധതാംശയാ പാപസ്യ കർമ്മ ുംസ മനുഷ്യർക്കെല്ലാം പാപസ്യ കർമ്മ ക്ഷ പാവകർമ്മം ക്ഷയിക്കുന്നത് കൊണ്ട് ഞാൻ ഉത്പത്തിയതേ ഇത് പല സ്മൃതികളിലും പറയുന്നുണ്ട് മഹാഭാരതത്തിനും മറ്റ് സ്മൃതികളും പുരാണങ്ങളിലും എല്ലാം പറയുന്ന കാര്യമാണ് ഞാനും ഉത്പത്തിയതേ പുംസക്ഷാപസ്യ കർമ്മ പാവകർമ്മങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അത് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് എന്താ കാരണം വേദത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നു ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം വേദത്തിന്റെ സ്വാധ്യായം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അന്നത്തെ കാലത്ത് ഇത്രയും വർണ്ണീകരമുണ്ട് പക്ഷെ അങ്ങനെ സ്വാധ്യായം ചെയ്യുന്നവര് സ്വാധ്യായത്തിലെ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ടും അവർക്കാർക്കും ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകുന്നില്ല അവര് ഗുരുക്കന്മാരാകുന്നില്ല എന്നിട്ട് ഉപദേശിക്കുന്നില്ല ഇനി അറിഞ്ഞാൽ തന്നെ അവര് ശരിയായ രീതി ബ്രഹ്മത്തെ അറിയുന്നില്ല അപ്പോ സ്വാധ്യായം ചെയ്യുന്നവരിൽ തന്നെ കുറച്ചുപേരെ ബ്രഹ്മജ്ഞാനികളാവുന്നു ബാക്കിയുള്ളവരാകുന്നില്ല എന്തുകൊണ്ടതാകുന്നില്ല അതിനാണ് കാരണങ്ങ വേദത്തിന്റെ സ്വാധ്യായം ചെയ്താലും ആർക്കാണോ അന്ധക്കരണ ശുദ്ധിയുള്ള അവർക്ക് മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ കഴിയും അത് ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക യോഗ്യതയാണ് വേദാധ്യയനം ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു അതിനുള്ള യോഗ്യത മതി കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ മതി അധികാരിയായിരുന്ന മതി പക്ഷെ വേദാധ്യയനം ചെയ്യുന്നവർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചും എന്ത് വേണം അന്ധക്കരണ ശുദ്ധി വേണം കാരണം എന്തുകൊണ്ട് അന്ധക്കരണം ശുദ്ധി ആവശ്യപ്പെടുന്നു കാരണം കർമ്മത്തിനുള്ള ആരും കർമ്മം ചെയ്യാനുള്ള ആരും ആർക്കും ഉണ്ടാകാം അത് അതിന്റെ രീതിയാണ് ഇതി കർത്തവ്യതയാണ് ഇതിങ്ങനെ ചെയ്യണം എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല അത് അന്ധകരണത്തിനുണ്ടാവണം ഒരാളുടെ മനസ്സിലാണ് എന്തുണ്ടാവേണ്ടത് ബ്രഹ്മ പക്ഷെ ആ മനസ്സിൽ വേദാധ്യനം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നില്ല അതിനെന്താ കാരണം പറയുന്നത് അതിന് പാപം ഉണ്ടാവാം നശിക്കുന്നവർക്ക് മാത്രമേ വേദാധ്യയനം ചെയ്താൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തുള്ളൂ മറ്റത് സ്വർഗ്ഗത്തെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കർമ്മം ചെയ്യാം ആ അധികാരിയാണെങ്കിൽ അർത്ഥിത്വവും സാമർഥ്യവും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം ഇവിടെ അതുപോലെ ചിത്തശുദ്ധി എന്ന് പറയുന്ന യോഗ്യത ഇവിടെ വേണം ഇപ്പൊ എന്തുകൊണ്ട് വേദാധ്യയനം ചെയ്യുന്ന എല്ലാവർക്കും ശരിയായ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നില്ല ഇനി ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു അദ്വൈത ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നില്ല കാരണം അത് പാപ ഇരിക്കുന്നുണ്ടാണ് ഇപ്പൊ പാവം ക്ഷയിക്കണം അതിന് നിത്യ നൈമിത്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വേണം പാപത്തെ നശിപ്പിക്കണം ഇതെല്ലാം പണ്ടത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള മനുഷ്യന്റെ ചിന്തകളാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബ്രഹ്മജ്ഞാനുണ്ടാകാം എന്നാണ് അതിന് നിത്യ നൈമിത്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം നിത്യ നൈമികൾ പറയുമ്പം തന്നെ അതിന്റെ പ്രത്യേകത എന്താണ് അത് വൈദിക കർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നിത്യകർമ്മവും നൈമിത്കർമ്മമാണ് ആ പ്രവൃത്തികർമ്മം പറയുന്ന എല്ലാം എടുക്കാൻ പാടില്ല നിത്യവും നൈമിത്യവും എടുക്കണം അത് പിന്നെ മറ്റു കാമ്യ കർമ്മങ്ങളാണെങ്കിൽ അതൊക്കെ നിഷ്കാമമായി അനുഷ്ഠിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അത് അധികാരികളായിരിക്കണം എല്ലാവർക്കും നിത്യവും നൈമിത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിത്യകർമ്മവും നൈമിത്യവും ചെയ്യാൻ പാടില്ല ആർക്കാണോ നിത്യത്തിനും നൈമത്തിനും അധികാരമുള്ള അവരെ ചെയ്യാൻ പാടുള്ളൂ എന്നാലും ചിത്രശുദ്ധിയുണ്ടാകും പറഞ്ഞെന്താണ് അനധികാരണ കർമ്മ ന ഫലായകൽപ്പതി അധികാരി അല്ലെങ്കിൽ അവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാലും ഫലം ഉണ്ടാകത്തില്ല അപ്പം ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും അങ്ങനെയാണ് നിത്യനിയമിത്യകർമ്മങ്ങൾക്ക് അധികാരിയായിരിക്കുന്നുവൻ ചെയ്താലേ അതുകൊണ്ട് ഫലം ഉണ്ടാകും അപ്പം ബ്രാഹ്മണൻ ചെയ്യേണ്ട നിത്യകർമ്മം ഇന്നതൊക്കെയാണ് ക്ഷത്രി ചെയ്യേണ്ട നിത്യകർമ്മം വേറെയാണ് അത് അവൻ ചെയ്യണം വൈശ്യന്റെ കർമ്മം വേറെയാണ് ശുദ്ധനിധിപ്പെടുന്നതി അവരവർക്ക് വിരിച്ചിരിക്കുന്ന നിത്യനൈമിത്യകർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധിയുണ്ടാക്കി അങ്ങനെയാണ് അവന് അധികാരികൾ ക്ലിപ്തേനയുവാന്ന് പറഞ്ഞതാണ് നിശ്ചിത ഓരോ ജാതികൾക്കും നിശ്ചയിച്ചിരിക്കും നിത്യാനാം കർമ്മ നിത്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യ ഈഹിതേന നിത്യം അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം അഗ്നിഹോത്രം നിത്യാഗ്നിഹോത്രം നിത്യഹിതമാണ് ഉപാത്ത ദുരിതം സഞ്ചിത ദുരിതം അനേക പൂർവ്വജന്മങ്ങളിലാണ് സഞ്ചരിച്ചിരിക്കുന്ന ദുരിതങ്ങൾ അതിനെല്ലാം നശിപ്പിച്ചിട്ട് പുരുഷ സംസ്കാരേണ പുരുഷനെ സംസ്കരിക്കുന്നു ഈ കർമ്മങ്ങൾ ആത്മാവും ആത്മാവും ജീവാത്മാവിന് പുരുഷന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു പ്രധാനമായിട്ടും പുരുഷനെന്നുള്ളർത്ഥം തന്നെ പുരുഷന്മാരെന്നുള്ള അർത്ഥം തന്നെ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ സ്ത്രീകളെ കുറിച്ച് പരിഗണിക്കാറില്ല അതുകൊണ്ട് പുരുഷനെന്നുള്ള അർത്ഥം തന്നെ ഈ പറയുന്ന നിത്യ നൈമിത്യ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും പുരുഷന്മാരാണ് സ്ത്രീകളല്ല അപ്പോൾ ജീവാത്മാവിന്റെ സംസ്കരണമെന്ന് പറഞ്ഞാലും അതൊക്കെ പുരുഷന്റെ തന്നെ കാരണം ഏതാധ്യനവും സ്ത്രീകൾക്കില്ല അതീ പറയുന്ന കർമ്മങ്ങളില്ല പുരുഷന്റെ സേവയേ ഉള്ളൂ അതുകൊണ്ട് പ്രധാനമായും അവിടെ പുരുഷനെന്ന് പറഞ്ഞാൽ പുരുഷൻ തന്നെയാണ് പുരുഷന് പ്രാധാന്യം വന്നുകൊണ്ടാണ് പുരുഷൻ എന്നുള്ള ശബ്ദം തന്നെ ഉപയോഗിക്കുന്നത് ജീവാത്മാണു കഴിഞ്ഞാൽ സ്ത്രീയും വരും പക്ഷെ ഈ പ്രകടനത്തിൽ സ്ത്രീക്ക് സ്ഥാനമൊന്നുമില്ല കാരണം സ്ത്രീക്ക് വേദാധ്യയനം വിധിച്ചിട്ടില്ല സ്ത്രീ ശൂദ്രന്മാരൊന്നും വിധിപ്പെടത്തില്ല അവർക്ക് നിത്യ നൈമിത്യകർമ്മങ്ങളും ഇല്ല ഇപ്പോൾ പുരുഷ സംസ്കാരം പറയുമ്പോൾ അവിടെ പുരുഷന്റെ സംസ്കാരം തന്നെയാണ് പക്ഷെ സ്ത്രീകൾക്കും എന്താണ് പുരുഷന്റെ സേവയിലൂടെ അവർക്കും സംസ്കാരം ഉണ്ടാകും അത് വേറെ പറയുന്നുണ്ട് ഒരു പുരുഷനെ സേവിച്ചാണ് അങ്ങനെ പുരുഷ സംസ്കാരമാണ് ജ്ഞാന ഉത്പത്തവും അങ്ങനെ പുരുഷന്റെ സംസ്കാരം എന്ന് പറയുന്നത് അന്ധകരണശുദ്ധി അന്ധകരണശുദ്ധിയിലൂടെ ജ്ഞാനം ഉത്പന്നമാകുമ്പോൾ എന്താണ് വും അംഗഭാവം യുക്തമായിരുന്നു എന്തിനും നിത്യാനോ കർമ്മ പുറത്തുടങ്ങി നിത്യകർമ്മങ്ങളെല്ലാം അംഗങ്ങളാകുന്നു അങ്ങനെ നേരിട്ടല്ലോ പുരുഷനെ സംസ്കരിച്ചുകൊണ്ട് അതെല്ലാം നിത്യകർമ്മങ്ങളെല്ലാം അംഗമാകുന്നു അതിന്റെ ഭാഗമാകുന്നു അർത്ഥം അങ്ങനെ അംഗമാകുന്നതുകൊണ്ട് അപ്പൊ പുരുഷനെ സംസ്കരിച്ച് കർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ ജ്ഞാനത്തിനംഗമാകുന്നു പുരുഷ സംസ്കാരദ്വാരാണ് എല്ലാം മറിച്ച് നേരിട്ട് നിത്യകർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്ങനെയാണോ കാമ്യകർമ്മങ്ങൾ നേരിട്ട് സ്വർഗ്ഗത്തെ ഉണ്ടാക്കുന്നു എങ്ങനെയാ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അതിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു അപൂർവത്തിലൂടെ സ്വർഗം ഉണ്ടാകുന്നു അതുപോലെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു നിത്യകർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു അപൂർവത്തിലൂടെ ജ്ഞാനം ഉണ്ടാകുന്നു അങ്ങനെയല്ല അവിടെ അപൂർവല്ല എങ്ങനെയാണോ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അപൂർവം സ്വർഗത്തെ ഉണ്ടാക്കുന്ന അതുപോലെ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അപൂർവം ഉണ്ടാക്കി സ്വർഗത്തെ ഉണ്ടാക്കുക അല്ല ജ്ഞാനത്തെ ഉണ്ടാക്കുക അല്ല അതാണ് ഇവിടെ പറയുന്നത് പുരുഷനെ സംസ്കരിക്കുന്നു പുരുഷ സംസ്കാരം എന്ന് പറയുമ്പോൾ നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുണ്യം ഉണ്ടാവും പക്ഷെ പുണ്യം ഉണ്ടായാൽ അത് പുരുഷന്റെ പാപത്തെ നശിപ്പിക്കുന്നു പാപത്വം നശിപ്പിക്കുമ്പോൾ അവൻ അന്ധകരണത്തിനെ പാപത്വം നശിപ്പിക്കുമ്പോൾ അവൻ യോഗ്യനായിത്തീരുന്നു അങ്ങനെയാണ് ഇതെല്ലാം ജ്ഞാനത്തിന് അംഗമാകുന്നത് എന്താ കാമികർമ്മങ്ങളെ പോലെ എല്ലാം അപൂർവത്തെ ഉണ്ടാക്കിട്ടല്ല വ്യത്യാസം പിന്നെ സംയോഗപ്രദക്വന് സാക്ഷാതംഗ ഭാവോ യുക്ത സംയോഗപ്രദത്വ ന്യായമനുസരിച്ച് നിത്യകർമ്മങ്ങൾ ജ്ഞാനത്തിന് സാക്ഷാതംഗമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നിത്യകർമ്മങ്ങളിൽ നിന്നും ജ്ഞാനത്തിന് കാരണമായ അപൂർവം ഉണ്ടാകുന്നു അങ്ങനെ വരും അതായത് യാഗം സ്വർഗത്തിന് സാക്ഷാതംഗം ആണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം യാഗത്തിൽ നിന്ന് അപൂർവം ഉണ്ടായി അപൂർവം കൊണ്ട് സ്വർഗം ഉണ്ടാകും അതുപോലെ ഇവിടെ സംഭവിക്കുന്നു നിത്യകർമ്മങ്ങളിൽ നിന്ന് അപൂർവം ഉണ്ടായി അപൂർവം കൊണ്ട് ജ്ഞാനം ഉണ്ടാകത്തില്ല പിന്നെ നിത്യകർമ്മം ഉണ്ടായി എന്ന് നിത്യകർമ്മത്തിൽ നിന്ന് പുണ്യം ഉണ്ടാകുന്നു അത് പാപത്തെ നശിപ്പിക്കുന്നു അതൊക്കെ തന്നെ ശുദ്ധമാകുന്നു പിന്നെ മറ്റ് സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ വിവിധിഷ ഉണ്ടാകുന്നു ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോ അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിന്റെ പുണ്യം കൊണ്ടല്ല എന്തുണ്ടാവുന്നു അതാണ് വ്യത്യാസം പറയുന്നത് അതിനാണ് ഇവിടെ സംയോഗ്യത്വ ഉഭയത്വ സംയോഗ പ്രധത്വം നേരത്തെയും വന്നു ിയ കാമോ ദതിഹോമത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കാണ് ഇന്ദ്രിയ ശക്തിയും മറ്റും കാമിക്കുന്നവൻ ദതി ഹോമം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കത്തെ കാമിക്കുന്നവൻ ദതി ഹോമം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ കാമന എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ടത് ഒരു കാമ്യകർമ്മ കാരണം അവിടെ ഒരു കാമിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വർഗ്ഗത്തെ കാമിക്കുന്നവൻ സ്വർഗ്ഗ കാമോ എന്ന് പറയുമ്പോൾ അത് കാമ്യകർമ്മവും സ്വർഗ്ഗത്തെ കാമിക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത് യാഗം ചെയ്യുന്നത് അവിടെ ഇന്ദ്രിയ കാമോ ദുഭൂതി എന്ന് പറയുമ്പോൾ ഇന്ദ്രിയത്തെ കാമിക്കുന്നവനാണ് ദതി ഹോമം ചെയ്യുന്നത് അപ്പൊ അവിടെ അതൊരു കാമ്യകർമ്മവും പക്ഷെ ഈ അഗ്നിഹോത്ര പ്രകടനത്തിൽ തന്നെ വേറൊരു വാക്യമുണ്ട് ദൂതി ദതി ഹോമം ചെയ്യാൻ പറയും അത് നിത്യ അഗ്നിഹോത്രത്തിലാണ് ദതി ഹോമം ചെയ്യാൻ പറയും അപ്പോ നിത്യ അഗ്നിഹോത്രത്തിൽ ദതിഹോമം ചെയ്യാൻ പറയുന്നു നിത്യ അഗ്നിഗ്നഹോത്രത്തിൽ ദതി ഹോമം ചെയ്യുമ്പോ അവിടെ പറയും കാമിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതെന്താണ് പ്രത്യേക കാമനയോടുകൂടി ചെയ്യാത്ത കർമ്മം അതാണ് നിത്യകർമ്മം അത് നിത്യകർമ്മമാണ് അപ്പോൾ ഇവിടെ എന്തു ചെയ്യുന്നു രണ്ടു വാക്യമുണ്ട് ഒരേ തരിഹോമം തന്നെ രണ്ടിനു വേണ്ടി ഒന്ന് ഇന്ദ്രിയ കാമത്തിന് വേണ്ടി ചെയ്യുന്നു മറ്റൊന്നും കാമന കൂടാതെ ചെയ്യുന്നു ഇപ്പൊ ഏകസ്യ ഒരു ദതി ഹോമം ഉഭയത്വേ രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി കാമന കൂടാതെ അത് ചെയ്യുന്നതുകൊണ്ട് അത് നിത്യകർമ്മമാണ് കാമനയോടുകൂടി ചെയ്യുന്നതുകൊണ്ട് അത് കാമ്യകർമ്മമാണ് ഉഭയത്വേ സംയോഗസ്ഥം അവിടെ സംയോഗം എന്ന് വെച്ച വാക്യം അതിന് പൃഥക്ത്വവും ഭേദമുണ്ട് വാക്യഭേദമുണ്ട് എന്ന് വെച്ചാൽ അർത്ഥഭേദം വരുന്നു അപ്പോൾ ദതിഹോമം എന്താണ് കാമ്യകർമ്മമാവും നിത്യകർമ്മമാവും വാക്യഭേദമുണ്ട് വാക്യഭേദം വന്നു കഴിഞ്ഞാൽ രണ്ടർത്ഥം അല്ലെങ്കിൽ ഈ രണ്ട് വാക്യം കൂടി ചേർന്ന് ഒന്നാണ് പറയുന്നതെങ്കിൽ അത് കാമികർമ്മമായി പോവും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ദ്രിയ കാമസ്യ ജുഹ ജുഹെന്ന് പറയുന്നത് കാമികർമ്മത്തെക്കുറിച്ച് പറയുന്നു ദദ്ന ജുഹോദി എന്ന് പറയുന്നത് നിത്യകർമ്മത്തെക്കുറിച്ച് പറയുന്നു അത് രണ്ടും പ്രത്യേകം പ്രത്യേകമാണ് വെവേറെ ആയതുകൊണ്ട് എന്താണ് ഇത് കാമ്യകർമ്മമാണ് നിത്യകർമ്മമാണ് മീമാംസി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഏകസ്യ ഒരു തധിഹോമത്തിൻ്റെ ഉഭയത്വേ രണ്ടിന് വേണ്ടിയായപ്പോൾ കാമ്യകർമ്മത്തിനും നിത്യകർമ്മത്തിനുമായപ്പോൾ സംയോഗസ്യ ആ വാക്യസ്യ പ്രദക്ത്വം ഭേദം വരുന്നുണ്ട് രണ്ട് കർമ്മങ്ങളാകും ഇതുപറയും അതുപോലെ ഇവിടെ നിത്യകർമ്മങ്ങൾ എന്താണ് രണ്ടർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യം ഉണ്ടാക്കി ആ പുണ്യത്തിലൂടെ ഞാൻ ഉണ്ടാകുന്നു എന്ന് സ്വീകരിക്കും ഒരർത്ഥം മറ്റൊന്നെന്താണ് നിത്യകർമ്മം ചെയ്യുന്നു നിത്യകർമ്മങ്ങൾ കൊണ്ട് പുണ്യം ഉണ്ടാകുന്നു പാപം നശിക്കുന്നു ചിത്തശുദ്ധിയുണ്ടാകുന്നു വിവിധിക്ഷണ്ടാകുന്നു ശ്രോണാന്തി സാധനങ്ങൾ ചെയ്യുന്നു ജ്ഞാനം ഇതിനു കാരണമായി ഇങ്ങനെ ഇവിടെ രണ്ടും സ്വീകരിക്കാൻ പാടില്ല ആദ്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല ഇവിടെ സമയപ്രദത്വന്യായത എന്താണ് നിത്യകർമ്മങ്ങൾ പുണ്യത്തിലൂടെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നുവെന്നും അന്തക്കള ശുദ്ധിയിലൂടെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നുവെന്നും രണ്ടെണ്ണം കൂടെ സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ട് അപ്പോ കല്പനാ ഗൗരവം എന്ന് പറയുന്ന ദോഷം ഒരേ ഒരു നിത്യകർമ്മം അതിന് ഒരു വഴിക്ക് പോയി അത് ജ്ഞാനത്തിന് കാരണമായി തീരുന്നു മറ്റൊരു വഴിക്ക് പോയിട്ടത് ചിത്തശുദ്ധിയിലൂടെയും ജ്ഞാനത്തിന് കാരണമായി തീരുന്നു എന്നു വെച്ചാൽ പുണ്യം ഉണ്ടാക്കിയതിനോട് ജ്ഞാനത്തിന് കാരണമായി തീരുന്നു ഒന്നൊരുപക്ഷം മറ്റൊരു പക്ഷം എന്താണ് ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു ഇപ്പം രണ്ട് കല്പനകൾ വരും ഇപ്പം കല്പനാ ഗൌരവം എന്ന് ദോഷം വരും അതുകൊണ്ടിവിടെ സംയോഗപൃതേന നേരിട്ട് പുണ്യമുണ്ടാക്കി ജ്ഞാനത്തിന് കാരണമായി തരുന്നുള്ളൊരർത്ഥെടുക്കാൻ പാടില്ല എങ്ങനെ കാമ്യകർമ്മങ്ങൾ എങ്ങനെയാണോ പുണ്യമുണ്ടാക്കി സ്വർഗ്ഗത്തിന് കാരണമായി തീരുന്നത് അതുപോലെ നിത്യ അഗ്നിഗോത്രം പുണ്യത്തെ ഉണ്ടാക്കി ജ്ഞാനത്തിന് കാരണമായി തീരുന്നു എന്നും ഉള്ള ഒരർത്ഥത്തെ എടുക്കാൻ പാടില്ല മറിച്ച് എന്ത് ചെയ്യണം നിത്യകർമ്മങ്ങൾ എടുക്കേണ്ട ശുദ്ധിയുണ്ടാക്കി വിരുദിക്ഷയുണ്ടാക്കി ശ്രവണാതി സാധനങ്ങൾ അനുഷ്ഠിച്ച് ജ്ഞാനത്തിന് കാരണമായി തീരും എന്നു പറയുന്നത് പുരുഷ സംസ്കാരമാണ് ജ്ഞാനോത്പത്തവും അംഗഭാവവും അപ്പൊ പുരുഷ സംസ്കാരത്തിലൂടെ അന്ധക്കരണ ശുദ്ധയിലൂടെ എന്തു ചെയ്യുന്നു നിത്യകർമ്മങ്ങൾ അംഗമാകുന്നു പിന്നെ സംയോഗപ്രദക്താണ് സംയോഗ്രദക്വന്യായുസരിച്ച് സാക്ഷാത് അംഗഭാവം നിത്യകർമ്മങ്ങൾ നേരിട്ട് അംഗമാകുന്നു നേരിട്ട് ജ്ഞാനത്തിന് അംഗമാകുന്നു പറഞ്ഞാൽ എന്താർത്ഥം എന്നാണ് നേരിട്ട് പുണ്യം കൊണ്ട് ഞാൻ ഉണ്ടാവുന്നു അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് സംയോഹപ്രദന സാക്ഷാത് അംഗഭാവോ നയുക്ത എന്തുകൊണ്ട് കല്പനാ ഗൗരവത്തെ കൽപനാ ഗൗരവ അനേ കല്പനകൾ കാമ്യകർമ്മം പോലെ നിത്യകർമ്മത്തിൽ നിന്ന് പുണ്യം ഉണ്ടായി ആ പുണ്യം കൊണ്ട് നേരിട്ട് ഞാനൊന്ന് ഒരുപക്ഷം മറ്റൊരു പക്ഷം എന്താണ് കാരണം സംയോജപ്രദക്തമനുസരിച്ച് വാക്യഭേദ സ്വീകരിക്കാം വാക്യഭേദം സ്വീകരിച്ചു രണ്ടർത്ഥം സ്വീകരിക്കാം രണ്ടർത്ഥം സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറൊര്ത്ഥവും സ്വീകരിക്കാം കർമ്മം പുണ്യം ഉണ്ടാവുക പാവം നശിക്കുക ചിത്തശുദ്ധിയുണ്ടാവുക ഞാനുണ്ടാവുക അങ്ങനെ ഒരർത്ഥവും ഇങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ട് കല്പന വരുന്നോണ്ട് എന്ത് വരുന്നു കല്പന അതുകൊണ്ട് സിദ്ധാന്തം എന്താണ് നിത്യനൈമിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയുണ്ടാകുമ്പോൾ അയാൾക്ക് അത് വിവിധിഷയ്ക്ക് കാരണമായിത്തീരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നിത്യനൈമിത്യകർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് കാരണമായിത്തീരുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ വിവിധിഷത്തക്ക് കാരണമായി തീരുന്നു എന്ന് പറയാം രണ്ടായിരം തുടർന്ന് എന്തുണ്ടാവുന്നു ശ്രവണാതി സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്തുണ്ടാവുന്നു വിടെ ഞാനുണ്ടാവും ഇതാണ് സിദ്ധ